to be to be to be to be to be ധ്യായമഖണ്ഡം മഠചീഹതായ കുഷസ് ചാണഭ്യരാ പ്രണകേ്യം പുൽമാഷൻ ഖാദന്തം വിഭിക്ഷേ തം ഉചോണ്യേ വിദ്യന്ച്ഛമാ ഉപനിഷേ ഉസ്മൈ പ്രദത അതനുപാനം വൈ മേ പീതം സാധ്യേ അപ്പുഷ്ടജീവിഷ്യം ഇമാൻ അഖാദൻ ഇതിച കാമോ മ ഉദപ്പനമതിശേഷാൻ ജഗ്രേവുഭിക്ഷാ ബഭൂവ താൻ പ്രതിഗൃഹ്യ നിദധൌ സാ സഞ്ചാൻ ഉച്ചച लभे नभे मही, राजासो बदसमे लेमहे धनमसो यक्ष्य सर्व आर्तिज्येदी तम जायुवाच खंदपत ഇമേ കൂഷ താൻ ഖാദി മത് വിമേയാ താത സ്ഷ്യമാണൻ ഉപ ഉപവിശ സോത പ്രോതർ या दस्तावन्वायत्ता प्रस््यसी मूर्धा ते विपतिष्यम उचाया देता उद्गम अन्वायत्ता താം ചേത് അവിൻ ഉദ്ഘാരിതി മൂർധാന് വിപതിഷ്യമേവർ പ്രതിഹർത്താ ദഹാരമൻ താം ചേരിഷ്യ മൂർ വിപതിഷ്യതീതി തേ സ് തൂഷീമാസക്കിരേ അധനം इति उशस्ति रस्मी चक्रायन इति ോവാച സഹോവാച ഭഗവന്തം വഹമേരാർജ്യൈ പര്യശിഷം ഭഗവതോ വഹം അവിദ്യ അനാൻ അവൃഷി ഭഗവാൻ ത്വേ േരാആർ തധേതി അഥ തർത സമതിസൃഷ്ടതുവതാവേഭ്യോധനം ദേതി യമാന ഉചനം പ്രസ്തുപസാദ പ്രസ്തോതർയാസ്താവൻ താ സേത് അവിദ്വാൻ പ്രോഷ്യസി മൂർധ് തേ ഉപതിഷ്യഗവാൻ അവോത് इमानि एव अतमा सैतेच सर्वाणा इन भूता देवता प्रस्ताव अन्वायि तेद विद्वास्तुष्यु മൂർദ്ധാ ഉപതിഷ്യക്തേതി അഥ ഉദ്ഘാദ ഉപസാദ ഉദ്ദാ ദീധമന്വത്താ ചേത് അവി भगवान മൂർത്തേ വിപതിഷ്യത്തിവോചത് കി ആദിത്ച സർവാണി വാമാനി ഭൂതൃം ഉച്ചൈ സന്ദം ഗായ സൈഷ देवता, ഗീഥമന്വയത്തേദവിൻ ഉദ്ഘാ മൂർ തേ വി്യപതിഷ്യക്തേതി उपससादा, പ്രതിഹർത്ത <clears throat> या देवता, പ്രതിഹാരമന്വത്തേത്വിൻ പ്രതിഹരിഷ്യ മൂർധാതിഷ്യതീതി മാ ഭഗവാൻ അവോത് പത്തുമാസാ ദിവതി അന്നിതി ഉവാച സർവാണിവാഭൂത്ത ീവന്തിഷാ ദിവതിഹാരമന്യൂർ വിപതിഷ്യ പറയുന്നത് പ്രശസ്തിയുടെ കഥയിലൂടെ നമ്മളിപ്പോൾ പ്രശസ്തി വൃത്തിക്കുള്ള സമീപിച്ചു രാജാവിന് വേണ്ടി അവർ യാഗം ചെയ്യുമായിരുന്നു അവരോട് ചോദിച്ചു നിങ്ങൾ ചെയ്യുന്ന ഈ നിങ്ങൾ ചൊല്ലുന്ന ഈ മന്ത്രങ്ങളുടെ ഈ കർമ്മത്തിന്റെ ദേവതയെ ഉപാസിച്ചുകൊണ്ടാണോ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാനോ ചൊല്ലിയത് ചെയ്യാനേ അറിയാവൂ പറഞ്ഞതിന് ദേവതകളുടെ പ്രാണനാണ് ദേവത ആദിത്യനാണ് ദേവത അന്നമാണ് ദേവത ഈ ദേവതകളെ ഉപാസിച്ചുകൊണ്ട് വേണം ഈ കർമ്മം ചെയ്യാൻ നമ്മുടെ ഭാഷകാരൻ പറയും ഇതിൽ നിന്നും അവിടെ പ്രശസ്തിയും പറയും ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ദോഷമുണ്ട് നിങ്ങൾ ഉപാസനയില്ലാത്ത കർമ്മം ചെയ്യുന്നു അതുകൊണ്ട് ദോഷമില്ല പക്ഷെ ഉപാസനയോടുകൂടി ചെയ്താൽ അത് ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് കൊണ്ട് കേവല കർമ്മം കർമ്മ ഉപാസനാസമുച്ചിതമായ കർമ്മം അങ്ങനെ രണ്ട് തരത്തിലുണ്ട് ഉപാസനാസമുച്ചിതമായ കർമ്മത്തിന് ആണ് പുഷ്കലമായ ഫലം അതാണ് ഈ പ്രകടനത്തിൽ പറയുന്നത് അതാത് ശൗവ ഉദ്ഗീത തദ് ബഗു ദോ ഗ്ലാവോ വൈത്രേ സ്വാധ്യവ്രാജ തസ്മൈ സ്വ ശേതാദുർഭൂ തമ്മേശ്വന ഉപസമേറ്റോചു इहेवमा ഭഗായ അശ്ന വേവാച ഇഹേവമാരുപമീയാ തബകോ ദ്യോലാവോ വാത്രേയ പ്രതിപാദയാ ച തേ യഥായവമാനെയ സ്ഷ്യമാണ സംവൃദ്ധ സർപ്പീസൃസ്ഥേ ഹസമുവിശ്യം ചു ഓ മദോം പബാമോം ദോവരുണ പ്രാപതി സവിതാഹര അന്നെ അഹാഹര ആഹരമിതി അയം വാലോകോ ഹൗക്കാരോ വായുർക്കാര ചന്ദ്രമാധകാര ആത്മേഹകാരോ അഗ്നിരീകാരൂക്കാരോ നിഹവൈക്കാരോ വിശോദേവാഹൂക്കാര പ്രജാപതിഹാരണസ്വരുന്നയോദ സ്തൂപ हम, यो वाचो अन्नवान ദുധെസ്മൈ വാഗ്ദോഹം वेदा വാചോ वेदा അനവാൻ समस्तस्य സാമ്യമുനിഷത്തേതമസ്തു സാമ്യുവാസനം സാധു യത് यदा സാധു यदा सामेदी യു തഹു സാമ്യേനം ഉപഗാദിതി സാധനം ഉപഗാദി തഹു അസം എനം ഉപകാദ് അസാധന എനം ഉപഗാദി തഹു അധോദ്യഹു സാംനോദിതിസാധുഭവതി സാധു പത്തെ തദാഹുരസമ യസാധോ അസാധുതേത്യവു സിദ് സാധുസാമ്യുപേ അഭ്യാസോ യനം സാധോ ധർമാചഗേ उपच नमे लोकसु पंचवधंसा उपासीसिता पृथ्वीकार अग्नि प्रस्ताव अंतरक्षी आदिप्रति ज्यौनिधन ऊर्ध द्यौहिंग आदिप्रस्व अंतरीक्षी अग्निप्रदारृतिथिवी निधन कल्पन्दस्मे लोक ऊर्ध्स्वृता विद्वान्चवीधम साम उपस्थे ഷു പഞ്ചവിധം സാമ ഉപാസീത പുരോവാദോ ഹിംഗാരോ മേഖോജാ സ പ്രസ്താവോ വർഷത്തി സ ഉദ്ഗീഥോ വിദ്യോത് സ്ഥനയ സപ്രതിഹാരൃതി തന്നിധനം വർഷ അസ്മൈ വർഷയഹയാം വിദ് പഞ്ചവിധ്വംസാ ഉപാസ് സർവാസ്വ പച്ചവിധ്വംസാമുസീത മേഖോജസം സ ഹിങ്ത് വർഷത്തി സത്രുസ് പ്രാച്യന്തേ സ ഉദ്ഗീഥോ യാതീക്ഷഹാരദ്രോനിധനം നപസു പ്രൈതുമാൻ യതേവം വിദ്സ് പഞ്ചവിധം സാമ ഉപാസ്ഥയെ ഇവിടെ വൃഷ്ടിയിൽ പഞ്ചവിധ സാമോപാസനയെ കുറിച്ച് പറയും അതിന്റെ ഫലം പറയുന്നത് ഈ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ മഴയുണ്ടാവും എന്നാണ് ഇത് ചിലർ പരീക്ഷിച്ച് മഴ പെയ്തതായിട്ടും പറയുന്നുണ്ട് അതുപോലെ ജലത്തിൽ പഞ്ചവിധ സാമ അതിന്റെ ഫലം പറയുന്നത് ജലത്തിൽ പഞ്ചവിധാസന ചെയ്യുന്നൊരിക്കലും വെള്ളത്തിൽ വീണും മരിക്കത്തില്ല നീന്തൽ അറിഞ്ഞില്ലെങ്കിലും ശരി വെള്ളത്തിൽ വീണ രക്ഷപ്പെടുന്ന ഋതുഷു പഞ്ചവിധം സമൂപാസീത വസന്തോ ഹിങ്കാരോ ഗ്രീഷ്മ പ്രസ്താവോ വഷ ഉദ്ഗീധ चरत शरत्ति हेमंदो निधन कलपंदेह स्म ऋतुमां विद्वान्तुष्चव सामुपस्ते पशुषु पंचवधंसा उपासीसीता अजाहकारो അവയ പ്രസ്താവോ ഭാവോദ് അശ്വാതിഹാര ഊരുഷോ നിധനം പശവ പശുമാൻ എന്താവാൻ പശുസു പഞ്ചവിധം സമുപാസ് പ്രാണേഷു പഞ്ചവിധം उपासी प्राणोिंगो वाक्स्ताव चक्षुदी श्रोत्र प्रतिहारो मनो निधन परीयांता परो परोवरी हाववरीयसो ോകാഞ്ചേതിന് വിവാൻ പാണേഷധം പ്തവിധം സമുപാസീതഞ്ചാചോഹമിതി സ ഹൃകാരോ യത് പ്രേതി സ പ്രസ്തോ യേതി സി യുദിതി സ ഉഗീ യത് പ്രീതി സഹാരോ യുപേതി സഭദ്രവോ എ തന്നിധനം ദുർദ്ധേ അസ്മൈ हम, यो ോഹം യോ വാജോദോഹോ അൻ അന്നദോഭവതി विद्वान वाजि സപ്തവിധ സമൂപാസ് അധ ലു അമു ആദിത്യ സപ്തവിധം सर्वदा സാമ മാം പ്രതീ മാം പ്രതീതി സർണ സമസ്ത സമ തസ് സർവാണിഭൂത വിത്പുരോദയാ ഹിംഗാരശോ അന്വയത്തേ ഹിം കുതിഭാജിന് കിടിയ സാമന അഥയോദി സ പ്രസ്താവ അന്വയത്തേ പ്രസ്തുതിക പ്രശംസകാമാവഭോ ഭേദസം അഥയത് സമേയാദസാം അന്വത്തേ അനാര आदा आत्मा पीपतंती आदिभाजीनी खेद साम अथ यति तदस्य देवा तद से देवता जपत्याद्गीजिनदस्य साम अथ यदर्ध्यं प्राग्ण्ण् तदस्य गर्भा अन्वायत्ता तस् प्रति नवपजते പ്രതിഹാരജി വേതസ്യാധർവം അപരാണ്ാഗ് അസ്തമയാ സ ഉപദ്രവ തടസ് ആരണ്യ അന്വയത്തേ പുരുഷം ദൃഷ്ട്രം ുപദ്രവന്ദീ ഉപദ്രവജനോ ഖേദസാ അഥയത് പ്രഥമാ അസ്ഥമിതി തന്നധനം തരോ അന്വയത്താൻ നിദധതി നിധനഭജനോ േദസംഖു അമ ആദിത്യ സപ്വിധം സമൂപസ്ഥേ അധ ലു ആത്മസംവിതം അതിമൃത്യ സപ്വിധം സമുപാസീതാരൈതിരക്ഷരം പ്രസ്താവരം ചുരക്ഷരം തത്സമ ഉദ്ീഥക്ഷരം ഉപദ്രവിച്ചതുരക്ഷരം ത്രിസ് സമംതി അക്ഷരമതിശിഷ്യത്തെ ത്രക്ഷരം തത്സമ ധനംതിരക്ഷരം തതിഹ് ദ്ശതിരക്ഷരാശാതി എകവിംശോ ഇതോ അസാവാദിത്വോ ദ്വിശേന तद्विशोकं പരമാതിന് ജയതി തന്നെശോകം ആത്മനോദി ആദിത്യ ജയം പരോഹാസ്യ ആദിത്യജയാ ജയോതി എന്താവാൻ ആത്മസംവിതം ൃത്തു സമോപസ്തേ ആത്മസംവിതമൃ സപ്തവിധം സമോപമോസ് മനോഹി വാക് പ്രവരുദ് ശ്രോത്രംതിഹാരണോ നിധനം എതദ്ം പ്രണേഷു പ്രോതം സയാതായം പ്രാണേഷ പ്രോതം വേദ പ്രാണീഭവതി സമയേദീവതീ മഹാൻ പ്രജയാ पशिर्भवती महांत महामन सी त्रत अभिमती सृंगारो धूमो जाये से सस्व ज्वलती स उद्गी अंगारा भव्रहार उपशाम തന്നിധനം സംശയാം യുദ്ധി തന്നധനം എത്തരം അഗ്നിപ്രോതം സെം എന്തരം അഗ്ന പ്രോദം വേദ ബ്രഹ്മവർച്ച അന്നദോഭവതിേ ജോജ്ജീവതി महां प्रजया पशु महां कीर्त्या न प्रत्यंगचमे नष्ठी तन्रत उपमंत्री स हिंकारोपय प्रस्ताव स्त्रिया सहसे स उद्गी പ്രതി സ്ത്രീം സഹസേത സ പ്രതിഹാരളം ഗതി തന്നിധനം പാരം ഗതി തന്നിധനം എതദ്വാമദിനോതം സമദി പ്രോതം വേദ മിഥിനി मिथुना मिथुना प्रजाते शर्वुदी जोग महां प्रजया पशुर्भवती महांत्या कांचन पहते तन्व्रत उद्यन हिंग उदित प्रस्ताव मध्यंधन उद्गी सया അപരാണപ്രതിഹാരോ അസ്തൃയധനം എതൻ ബൃഹദാതിോദം സേദൻ ബൃഹദാതിോദം വേദ തേജസ്വ അതിർമായുരേദോജ്ജീവതി ജയാർവതി മ മഹാൻ കൃത്യാ തപ്പന്തം നീ തന്വ്രതം അഭ്രാണി സമ്പ്ലവന്തി സ ഹിംഗോ മേഘോ ജാതെ സ പ്രസ്താവോ വർഷത്തി സഗീതോ വിദ്യോതയെ സ പ്രതിഹാരഗൃണതി തന്നിധനം എതദ്വൈപം പജന്യ പ്രോതം സയാദ്വൈ പജന്യോതേതൂസ്ഥരൂപശൂൻ അവരുന്ധേതി जोग जीवती महान प्रजया भवती, महान पशुर्भवती महांत्या पश्यम ननंद त्रत वसंदोकारगी शरत्ति हेमंदो निधनम यद्दराज ഋതുഷു പ്രോതം സെവം എതത് വൈരാജം ഋദസു പ്രോതമ വേദ വിരാജതി പ്രജയാ പശുഭ്രഹ്മവർച്ചസേനയുജേതി ജോജ്ജീവതി മഹാൻ പ്രജയാ ഋതോർനന്ദേ തന്വ്രതം പൃഥിഹിംഗോ അന്തരിക്ഷം പ്രസ്താവോ ദൗരിദ്ഗീ ദിശ പ്രതിഹാര സമുദ്രോ നിധനം എകേശു പ്രോതം ഏതാശക്കിയോ लोगी वेदा, लोगी सर्व लोग जीवती, महान ലോകീഷു പ്രോധാവേദ ലോകീഭവേദ യോഗ്ജീവതീ മഹാൻ പ്രജയാ പശുവിർഭവതി മഹാൻ വീതോന്നേ തന്ന്രതം അജാഹൃഗാരോ जाव ഗാവോദ്ഗീതോ अश्वाहारषोन निधनमेद्य पशुशु प्रौता स यमारे पशुशु प्रोतवेदशुवी जोजीवती महां व्रजया पशुति മഹാന്കൃതിശുനന്ദേ തദ്വ്രതം ലോമഹിംഗോ മാംസമീതോ അതിഥിപ്രതിഹാരോ മജ്ജനിധനം എതാജീയം അംഗേഷോതം സേം എത്താതീയം അംഗേഷോദം വേദ അംഗീഭവതി നങ്കേന വിഹൂർച്ചതി സർമായുരേതി ജ്യോജ്ജീവതി മഹാന് പ്രജയാ പശുവിർഭവതി മഹാൻ ഗീത സംവത്സരം മജ്ജോ നശ്ന തദ്വ്രതം മജ്ജോ നശിനയാദിരി അഗംഗോ വായു പ്രസ്ഥിത്യദ്ഗീതോ നക്ഷത്ര പ്രതിഹാര ചന്ദ്രമാനിധനം എന്താ രാജ്യം ദിവതോതം സമേദരാജനം ോദംബേദമേവ ദത സലോകം സയുജ്യം महान ജോജ്ജീവതി മഹാൻ പ്രജയാ महान कृत्या, കീ ബ്രഹ്മണന विद्या तदरतंगार इोकाव अग्निर्वायुरादितीथो नक्षत्रायांसी मरीचय सहारा सर्पगंधर्वा पितर തനിധനം ഏതാമ സർവസ്മൻ പ്രോതം സയാം ഏതോ വേദസം സേശ ശ്ലോകോ യാച്ചധ ത്രീ ത്രീ തേ്യോ നധ്യയ പരം അന്യത് അതി യദ്േദ സ വേദസം സർവാദിശോ ബലിം അസ്മൈ ഫരന്ദി സർമസ്മേ ുവാസീത്രതം തദ്വ്രതം വിനർദിസ്സാ വൃണേ പശവ്യം അഗ്നേരുദ്ഗീ അനിരുതാപതിർനിക്ക് സോമസ മൃദ സ്രക്ഷണം വായം ബലവതിന്ദ്രൗഞ്ചം ബൃഹസ്പതി അപധ്വാദം വരുണ്യ താൻ സർവാനേവ ഉപസേവേതണന്വേ വർജ് അമൃതത്തം ദേഭ്യാഗാഗായം പിതൃഭ്യ ആശ്യം മനുഷ്യഭ്യ തൃണോദഗം പശുഭ്യർഗം ലോകം യജമാന അന്നമന ആഗാതധ്യൻ അപ്രമത്ത സ്തുവീതേ സ്വരാത്മാനഷമാണ പ്രജാപത്തെ മോരാത്മാന തംയസ്വരേഷം പ്രപ്പന്നോ അഭൂവം സ പ്രതി വേനം ബ്രൂയാത് അഥനം ഊഷ്മസുലേദ പ്രജാതിർം ബ്രവന്നോ അഭുവം സ ്രദ പേക്ഷതീനം അഥ നം ശേഷുപേ മൃത്യു ശരണോ അഭൂവം സ വാദക്ഷൂയാഘോഷവന്തോ ബലവന്തോ വൃവ്യ ഇന്ദ്രേ ബലം ദ सर्वष्मा अग्रस्थ अनिस्थ विवृता वक्तव्या प्रजापते आत्मा पिदानी सर्वे स्पर्श लेशन अन भी वक्तव्या मृत्युरात् पिहर ത്രയോധർമ്മസ്കന്ധ യോധ്യയം ദാനമതി പ്രഥമസ്തപേവ ബ്രഹ്മചര്യ ആചാര്യകുലവാസീ തൃത്തയോ അത്യന്തം ആത്മാനം ആചാര്യകുലേ അവസാദയൻ എണ്ലോകാത്തി ്രഹ്മസംസ്ഥോ അമൃതത്വതി ഈ ഭാഗത്തെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു ഇത് ഓങ്കാരോപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നു ഓങ്കാരസി ഉപാസന വിധ്യർത്ഥം ത്രയോധർമ്മ സ്കന്ധ ഇത്യാദി ആരഭ്യത്തെ ഓങ്കാരോപാസന വിധിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്ന വിഭാഗം ആരംഭിക്കുകയാണ് ഇവിടെ മൂന്ന് ധർമ്മസ്ഥന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ താല്പര്യം ഇവിടെ മന്ത്രത്തിൽ പറയുന്ന എന്താണ് ത്രയോധർമ്മ സ്ഥന്ധാ ധർമ്മസ്ഥന്ധങ്ങൾ മൂന്നാണ് ധർമ്മത്തിന്റെ ആധാരം മൂന്നാണ് എന്തൊക്കെയാണ് യജ്ഞോ അധ്യയനം ദാനം യജ്ഞം അമൃതം ഓസനം ത പറയുന്നു ത്രോധർമ്മസ്കന്ധ ഇത്യാഭ്യത ഇവിടെ ത്രയോധർമ്മ സ്കന്ധം എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ് നൈവം മന്തവ്യം സാമ അവയവതഗീതാതിലക്ഷണ ഉപാസനാഥലം പ്രാപ്യത അങ്ങനെ കരുതാൻ പാടില്ല എന്താണ് ഇതുവരെ പറഞ്ഞത് ഉദ്ഗീത ഉപാസനയെ കുറിച്ചാണ് മുഖ്യമായിട്ട് അല്ലെങ്കിൽ സാമോപാസനയെക്കുറിച്ച് പഞ്ചവീതം സാമ ഉപാസീത അവിടെയൊക്കെ സാമ ഉപാസനയെ കുറിച്ചാണ് പറഞ്ഞത് അതിൽ തന്നെ ഉദ്ഗീതം സാമമന്ത്രങ്ങളുടെ ഭാഗമായി വരുന്ന ഓങ്കാരം ആ സാമ അവയഭൂത ശിവ ഉദ്ഗീതാദി ലക്ഷണസ്യ ഓങ്കാരസി അതിനാണ് ഇവിടെ ഉദ്ഗീതം എന്ന് പറഞ്ഞത് അതിന്റെ ഉപാസനാൽ ഫലം പ്രാപ്യത അതിന്റെ ഉപാസന കൊണ്ട് ഫലം പ്രാപിക്കുന്നു എന്ന് മാത്രം ധരിക്കാൻ പാടില്ല കർമ്മങ്ങളിലൂടെ കിട്ടാത്ത ഫലം അത് ഈ ഉപാസനയിലൂടെ ലഭിക്കുന്നു അല്ലെങ്കിൽ ഇതിലൂടെ പരമമായ ഫലം ലഭിക്കുന്നു എന്ന് കരുതാൻ പാടില്ല കിം ദർഹി പിന്നെന്താണ് ഇവിടെ യെസ് സർവൈരപി സാമൂപാസനീ കർമ്മഭിഷ്ഠ അപ്രാപ്യം തദ് അമൃതത്വം കേവലാ ഊങ്കാരോപാസന പ്രാപ്യത പിന്നെന്താണ് മനസ്സിലാക്കേണ്ടത് സർവീരപി സാമോപാസനേഹി മുൻപ് പറഞ്ഞ സർവോപാസനകളും കർമ്മപിശ്ചുമ്പ് നിർദ്ദേശിച്ച സോമയാഗം പോലെയുള്ള കർമ്മങ്ങളും ഇതൊന്നുകൊണ്ടും അപ്രാപ്യമായ തദ്ഫലം അമൃതത്വം ഇതൊന്നുകൊണ്ടും പ്രാപിക്കാവുന്ന ഒന്നല്ല അമൃതത്വഫലം അത് കേവലാത് ഓങ്കാരാത് ഉപാസനാത് പ്രാപ്യത അത് കേവലമായ ഓങ്കാര ഉപാസന കൊണ്ട് ലഭിക്കുന്നു ഇവിടെ കേവല ഓങ്കാരോപാസന എന്ന് പറയുന്നത് എന്താണ് ഉദ്ഗീത അവയവമായ ഓങ്കാരോപാസന അതെല്ലാം പ്രത്യേക പ്രത്യേക ഫലത്തെക്കുറിച്ച് പറഞ്ഞു ഇത് കേവലമായ ഓങ്കാരോപാസന അപ്പോൾ ഓങ്കാരോപാസന രണ്ടു തരത്തിലുണ്ട് ഒന്ന് ഉദ്ഗീത അവയവമായ ഓങ്കാരത്തിന്റെ മറ്റൊന്ന് കേവലമായ ഓങ്കാരത്തിന്റെ ഉപാസന തത്വത്തിയർക്കും സാമപ്രകരണി തത് ഇത് സാമപ്രകരണമാണ് തൊട്ടുമുമ്പ് സോമയാഗത്തെക്കുറിച്ച് പറഞ്ഞു അതുകഴിഞ്ഞ് സാമോപാസനയെക്കുറിച്ച് പറഞ്ഞു ഗീതോപാസനയെക്കുറിച്ച് പറഞ്ഞു ആ സന്ദർഭത്തിൽ ഓങ്കാര സ്തുതിക്ക് വേണ്ടി അതിനിവിടെ നിർദ്ദേശിക്കുകയാണ് ത്രിസംഖ്യ ധർമ്മസ്കന്ധാക ധർമ്മസ്കന്ധാഹ ധർമ്മ പ്രവിഭാഗ ധർമ്മഭേദം അത് മൂന്ന് തരത്തിലാണ് ാണ് യജ്ഞം അഗ്നിവേദാഭ്യാസം രണ്ട് അതിന് അധ്യയനം എന്ന് പറയുന്നു ദാനം ബഹുർവേദി യഥാശക്തി ദ്രവ്യ സംവിഭാഗോ യജ്ഞവേദിക്ക് പുറത്ത് യഥാശക്തി അവനവൻ്റെ ശക്തിക്കനുസരിച്ച് ദ്രവ്യ സംവിഭാഗവും ദ്രവ്യദാനം ഇവിടെ യാഗത്തിലുള്ളത് വിധേയമായ ദാനമാണ് പക്ഷെ അത് കൂടാതെ ബാഹ്യമായി വരുന്നതാണ് പറയുന്നു ഭിക്ഷമാണ് യഥ്യ അത് ആഗ്രഹിച്ചു വരുന്നവർക്ക് മിച്ചമാണ് ആഗ്രഹിക്കുന്നവർ അവർക്ക് ദ്രവ്യം നൽകുക ഇല്ലാത്തവന് കൊടുക്കുക അതാണ് അപ്പോൾ യജ്ഞം അഗ്നിഹോത്രാദി അധ്യയനം വേദാധ്യയനം ദാനം ഇതാണ് ധർമ്മത്തിന്റെ മൂന്ന് വിഭാഗങ്ങൾ ഇത്യേഷ്യ പ്രഥമോ ധർമ്മ സ്കന്ധ ഇത് മൂന്നുമാണ് ധർമ്മസ്കന്ധം ഗൃഹസ്ഥേത നിർവർത്തകേന ഗൃഹസ്ഥേന നിർദ്ദേശത്തെ പ്രഥമ ഏക ഇത്യർത്ഥവും ദ്തീയ തൃതീയ ശ്രവണ നാദ്യ ഇത് പറഞ്ഞിരിക്കുന്നത് ഗൃഹസ്ഥന് വേണ്ടിയിട്ടാണ് ഓരോ ആശ്രമികളുടെയും ധർമ്മത്തെക്കുറിച്ച് പറയുന്നു ഗൃഹസ്ഥനാണ് എന്തുകൊണ്ട് ഗൃഹസ്ഥ സംവേതത്വ പ്രത്യേകിച്ചും ആ വൈദിക കാലത്തെ തിരിച്ചു പറയുകയാണ് കാരണം ഗൃഹസ്ഥനാണ് ഇതൊക്കെ സഞ്ചയിക്കുന്നത് ധനസഞ്ചയിക്കുന്ന ഗ്രഹസ്ഥനാണ് ഗൃഹസ്ഥനാണ് അതുകൊണ്ട് അഗ്നിഹോത്രം ചെയ്യുന്നത് ഗൃഹസ്ഥനാണ് അതുകൊണ്ട് ദാനം ചെയ്യുന്നത് അത് ആ കാലത്തിന്റെ പ്രത്യേകം ഇന്നത്തെ കാലത്ത് ചിന്തിക്കുക ഇന്നത്തെ കാലത്ത് സന്യാസിയും ധനസഞ്ചയിക്കും ദാനം ചെയ്യും കാലം മാറിയത് കൊണ്ടുവന്നു അന്നങ്ങനെ ആയിരുന്നില്ല അന്ന് മാത്രമേ ധനസഞ്ചയിക്കത്തുള്ളൂ തന്നിർവർത്തകേന ഗ്രഹസ്ഥേന അതാണ് ഇതെല്ലാം സംഭരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു ഗ്രഹസ്ഥനാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് പ്രഥമ ഏക ഇത്യർത്ഥവും പ്രഥമ മന്ത്രത്തിൽ ത്രയോ ധർമ്മസ്ഥ യജ്ഞ അധ്യയനം ദാനം ഇതി പ്രഥമ അത് ഒന്ന് പ്രഥമ ആദ്യമെന്നല്ല ഒന്ന് അത് ഒന്നാമത്ത എന്തുകൊണ്ട് ദ്വിതീയ തൃതിയ ശ്രവണ നാദിയർ പ്രഥമ ശബ്ദത്തിന് ആദ്യം ഒന്നും അർത്ഥം കൊടുക്കരുത് എന്നാണർ ദ്വീയം തൃതീയം എന്നെല്ലാം പറയുന്നുണ്ട് തപ ഏവ ദ് രണ്ടാമത്തെ ധർമ്മം എന്താണ് തപസ് തപ ഇതി കൃത്രി ചന്ദ്രായ തദ്വാൻ താപസഹ്രശ്രമധർമ്മമാത്ര സംസ്ഥോ ബ്രഹ്മസംസ്ഥ അതു അമൃതത്വശ്രവണ ഇനി രണ്ടാമത്തെ ധർമ്മം എന്താണ് തപസ്സ ഇവിടെ മന്ത്രത്തിൽ എന്താ പറയുന്നത് തപഏവ ദ്ധീയോ എന്നാണ് പറയുന്നത് തപസ്സാണ് രണ്ടാമത്തത് ഈ തപസ് ആർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു അതെന്താണ് തപസ് പറയുന്നത് കൃച്ഛ്രം ചന്ദ്രായണം മനുസ്മൃതിയിൽ മറ്റും പറയുന്നുണ്ട് കൃച്ഛ്രവ്രതം ചന്ദ്രായണ വ്രതം വളരെ ക്ലേശകരമായ തപസ്സാണ് ഭക്ഷണമൊക്കെ വളരെ ചുരുക്കി ഉള്ള തപസ് ശരീരത്തെ ക്ഷയിപ്പിക്കുന്ന തപസ് തദ്വാൻ താപസ ആ തപസ്സുള്ളവനെയാണ് താപസൻ എന്ന് പറയുന്നത് പരിഭ്രാട്ട് വാ പരിഭ്രാഡ് എന്നും പറയാം ഇവിടെ താപസനും പരിഭ്രാഡും രണ്ടായിട്ട് തിരിക്കുകയാണ് പരിവ്രജനം ചെയ്യുന്നവൻ പരിഭ്രാട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു സഞ്ചരിച്ചുകൊണ്ട് തന്നെ പരിവ്രജനം താപസൻ ചിലപ്പോ ഏതെങ്കിലും സ്ഥലത്തിരുന്ന് ഇത്തരം തപസ്സുകൾ അനുഷ്ഠിക്കുന്നവനായിരിക്കും അവരുടെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ബ്രഹ്മസംസ്ഥ ഇവർ രണ്ടുപേരെയും ബ്രഹ്മസംസ്ഥൻ അല്ലാപിച്ചവൻ ഇവർ രണ്ടുപേരും അല്ല എന്തുകൊണ്ട് ആശ്രമധർമ്മ മാത്ര സംസ്ഥോ ഇവരാശ്രമധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ് അപ്പോ ബ്രഹ്മചര്യവും आ, ം അടുത്ത ബ്രഹ്മചര്യത്തെക്കുറിച്ച് പറയുന്നു ഇതുപോലൊരു ആശ്രമമാണ് സന്യാസം അപ്പം സന്യാസി രണ്ട് തരത്തിലുണ്ട് ഒന്നും ആശ്രമധർമ്മ സന്യാസം അവിടെ അതാണ് ഇവിടെ പരിഭ്രാഠം എന്ന് പറയുന്നത് ഈ തപസം മറ്റും അനുഷ്ഠിക്കുന്നത് വൃക്ഷം ചന്ദ്രായണം തുടങ്ങി ഉപാസനങ്ങൾ അനുഷ്ഠാനങ്ങൾ എല്ലാം ആശ്രമ ധർമ്മരൂപത്തിലുള്ള സം സന്യാസം ഈ സന്യാസമാണ് സന്യാസ ദീക്ഷയിലൂടെ ശിഷ്യ സ്വീകരിക്കുന്നത് സന്യാസ ദീക്ഷയിലൂടെ ഗുരു കൊടുക്കുന്നത് അതിന് ആശ്രമധർമ്മ രൂപത്തിലുള്ള സന്യാസം അതൊരു മുഖ്യമായ സന്യാസമുണ്ട് പക്ഷെ മുഖ്യമായ സന്യാസത്തിനുള്ള ഒരു പായ ആ സന്യാസമാണ് എല്ലാ സാധനയ്ക്കും വേണ്ടിയിട്ടുള്ള സന്യാസം അത് അവിടെ ഒരാളൊരു സാധകൻ ആയിരിക്കും അത്രയും നമ്മൾ ധരിക്കുന്നത് പോലെ ഭാവ്യെടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം ഒരാൾ ദിവ്യനോ മഹാത്മാവോ ഒന്നും അതൊരു സാധകൻ അത് രണ്ടും ഭാഷകാരൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് സന്യാസം രണ്ടു തരത്തിലുണ്ട് മറ്റത് കേവലം ഉപായം മാത്രമാണ് എന്തുകൊണ്ടത് ഒരാശ്രമധർമ്മത്തെ പാലിക്കും ആശ്രമധർമ്മത്തെ പാലിക്കുന്നതുകൊണ്ട് അതിന് മഹത്വമുണ്ട് ആ മഹത്വം എന്ന് പറയുന്നത് ആശ്രമധർമ്മത്തെ പാലിക്കുന്നതുകൊണ്ട് മാത്രം അല്ലാതെ അധികമിഞ്ഞാൽ അതിനെന്തെങ്കിലും ദിവ്യത്വം ഉള്ളതുകൊണ്ടല്ല ധർമ്മത്തെ പരിപാലിക്കുന്നത് ശ്രേഷ്ഠമാണ് മഹത്വമുള്ളതാണോ അതുകൊണ്ട് അയാൾ മഹാനാണ് വേറൊരർത്ഥത്തല്ല മറിച്ച് ബ്രഹ്മസംസ്ഥൻ എന്ന് പറയുന്നത് ജ്ഞാൻ ആ ജ്ഞാനിയും സന്യാസിയാണ് അതിതല്ല അത് വേറെ അത് യഥാർത്ഥത്തിലുള്ള മഹത്വം അവിടെയാണ് സാധുതനല്ല സിദ്ധനാണ് എന്തുകൊണ്ട് ബ്രഹ്മസംസ്തസ്യത്വ അമൃതത്വശ്രമമാണ് ബ്രഹ്മസംസ്ഥനെ സംബന്ധിച്ചെന്താ പറയുന്നു അമൃതനാണ് മുക്തനാണെന്ന് പറയുന്നു അതാണ് യഥാർത്ഥ മഹാത്മാവ് ്രഹ്മസംസ്ഥനായിരിക്കുന്നു മുക്തനായിരിക്കുന്നു തത്വജ്ഞനായിരിക്കുന്നു അവനെ സംബന്ധിച്ച് ആശ്രമധർമ്മങ്ങളൊന്നും അവനെ സംബന്ധിച്ച് ആശ്രമധർമ്മം എന്ന് പറയുന്നതും എന്താണ് മറ്റു ആശ്രമധർമ്മങ്ങളെപ്പോലെ തന്നെ ബ്രഹ്മചര്യത്തെ പോലെ അല്ലെങ്കിൽ ദാർഹസ്ഥ്യത്തെ പോലെ ഉള്ളു ആശ്രമധർമ്മം അവിടെ അതിന് പ്രാധാന്യമില്ല അവിടെ പ്രാധാന്യം ഇതിനാണ് ആ ബ്രഹ്മസംസ്ഥയ്ക്കാണ് ബ്രഹ്മസ്ഥിതിക്ക തത്വജ്ഞാനത്തിനും മോക്ഷത്തിനുമാണ് അവിടെ പ്രാധാന്യം അതുകൊണ്ടിവിടെ വശകാലം പറയുന്നത് തപസ് തുടങ്ങിയ സാധനങ്ങളെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത് ആശ്രമധർമ്മം എന്നുള്ള നിലയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഒരു സന്യാസി അതായത് സന്യാസ ധർമ്മത്തെ സ്വീകരിച്ചയാള് ആശ്രമധർമ്മങ്ങള് ഉപേക്ഷിക്കാൻ പാടില്ല തപസ് തുടങ്ങിയ എന്തൊക്കെയാണ് അവിടെ ആശ്രമധർമ്മമായി വരുന്നത് സാധനങ്ങൾ ശ്രോണമനനാദികൾ തപസ് സ്വാധ്യായം തുടങ്ങിയ കാര്യങ്ങൾ ഇതൊന്നും തന്നെ അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല ഇതാണ് ദ്വിതീയോ ധർമ്മസ്ഥന്ധ അടുത്ത് മൂന്നാമത്തെ ബ്രഹ്മചാരി ആചാര്യകുലി വസ്തുശീലം അസീതി ആചാര്യകുലവാസി മൂന്നാമത്തെ ധർമ്മസ്ഥ ആചാര്യകുലേ വസ്തുശീലകുലവാസി ആചാര്യകുലത്തിൽ കഴിയുന്നവൻ ബ്രഹ്മചാരിയും തമ്മില് ഇത് തന്നെ വ്യത്യാസമുണ്ട് ഈ പറയുന്നേ തന്നെ പരുവ്രാടം പറഞ്ഞാൽ എന്താ എന്താണ് പരിത്യജ്യ ഒരു അതാണ് എല്ലാം ഉപേക്ഷിച്ച് സഞ്ചരിക്കുന്നു അത് സ്വഗ്രഹം ഉപേക്ഷിക്കുന്നു ആചാര്യകുലം ഉപേക്ഷിക്കുന്നു ആചാര്യകുലത്തിനെന്തിൽ താമസിക്കുന്നു സ്വാധ്യായത്തിന് വേണ്ടി അധ്യയനത്തിന് വേണ്ടി താമസിക്കുന്നു അപ്പൊ അധ്യയനം ആചാര്യകുലത്തിൽ ഇതൊക്കെ പഴയ പഴയകാലത്തെ കാര്യം പറയുന്നു ഇന്നത്തെ കാര്യമായിട്ടാരും എടുക്കരുത് മുമ്പ് ആചാര്യകുലത്തിൽ എത്തിച്ചേരുന്നത് അധ്യയനത്തിന് വേണ്ടിയിട്ടാണ് അധ്യയനം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴിയേണ്ട കാര്യമില്ല എന്ത് അവിടെ പരിപ്രാജകൻ ആചാര്യകുലും വിടാത്തവരുണ്ട് അവരെ കുറിച്ച് പറയുന്നു അത്യന്തം യാവജ്ജീവം ആത്മാനം നിയമേൽ ആചാര്യകുലെ അവസാദേൻ ക്ഷപേൻ അദ്ദേഹം തൃതിയോ ധർമ്മസക്കന്ധ ഇവിടെ പറയുന്ന ബ്രഹ്മചാരി എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയെ കുറിച്ചാണ് നൈഷ്ഠിക ബ്രഹ്മചാരി പറയുന്നു അത്യന്തം യാവജ്ജീവം മരണം വരെ ആത്മാനം നേമേ ഹി ആചാര്യകുലെ അവസാദയൻ ക്ഷപ്പയൻ ആചാര്യകുലത്തിൽ ഉള്ള നിയമങ്ങളനുസരിച്ച് തന്റെ ശരീരം അവിടെ ജീവിച്ചുകൊണ്ട് തന്റെ ശരീരത്തെ അവസാനിപ്പിക്കുന്നു അവസാദയൻ ക്ഷപ്പയൻ ദേഹം അവിടെ തന്നെ മരിക്കുന്ന പരിപ്രജനവും അവിടെ തന്നെ കഴിയുന്നു തൃതിയോ ധർമ്മസ്ഥന്ധ അതിനെല്ലാം ഫലമുണ്ട് പുണ്യലോകഭാഗ് ഭവതി അടുത്ത് പറയും ഇതിനെല്ലാം അങ്ങനെ ആചാര്യകുലത്തിൽ താമസിച്ച് നിയമങ്ങളനുസരിച്ച് ജീവിച്ച് അവിടെ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഗാഹസ്യത്തെ സ്വീകരിക്കുന്നില്ല പരിപ്രാടും അല്ല ആചാര്യകുലം ഉപേക്ഷിച്ച് പോകുന്നുമില്ല അങ്ങനെയുള്ളവർക്കും ഫലമുണ്ട് പ്രത്യേക നിഷ്ഠയിൽ ജീവിക്കുന്നത് കൊണ്ട് അത്യന്തം ഇതി ആദ്യ വിശേഷണ നൈഷ്ഠിക ഇവിടെ ബ്രഹ്മചാരി എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നുവെച്ചാൽ വിവാഹം കഴിക്കുന്നില്ല അതൊന്നും അവിടെ ഗുരുസേവയും മറ്റും ചെയ്ത് അവിടെ തന്നെ കഴിഞ്ഞു ഉപാസനകളെ എല്ലാം അനുഷ്ഠിച്ചു ഉപകുർബാണസ്യ സ്വാധ്യ ഗ്രഹണാർത്ഥത്വ പുണ്യലോകത്തും ബ്രഹ്മചര്യണ പിന്നെ വേറൊരു ബ്രഹ്മചാരി ഉണ്ടല്ലോ ഉപകുറവാണ് എന്നുവെച്ചാൽ ഗുരുവിന്റെ സമീപത്ത് നിന്ന് തന്നെ സ്വാധ്യായം പുണ്യപൂർവം ചെയ്യുന്നവനാണ് ഉപകുറവാണ് അവൻ സ്വാധ്യായ ഗ്രഹണാർത്ഥത്വ അവിടെയും ബ്രഹ്മചര്യം പോലെ സാധനങ്ങൾ വേണം ഗുരുകുലത്തിൽ കഴിയുമ്പോൾ പക്ഷെ അതെന്തിനു വേണ്ടിയാണ് സ്വാധ്യായ ഗ്രഹണ സ്വാധ്യായത്തിന് വേണ്ടിയിട്ടാണ് പഴയകാലത്ത് ഗുരുകുലവാസം എന്ന് പറഞ്ഞാൽ മുഖ്യമായും വേദാധ്യയനത്തിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള വിദ്യകളെല്ലാം അത് കഴിഞ്ഞേ വരുന്നുള്ളൂ വേദാംഗങ്ങൾ പോലും അതിന് തുടങ്ങുന്നത് വേദാധ്യനത്തിൽ അവിടെ എന്തു ചെയ്യുന്നു ഗുരുകുലത്തിൽ സ്വാധ്യായത്തിന് വേണ്ടി ബ്രഹ്മചര്യ കൊടുത്ത് സ്വീകരിച്ച് കഴിയുന്നു സ്വാധ്യായത്തിന് ശേഷം ധർമ്മ മീമാംസയെല്ലാം ചെയ്ത് ഗ്രഹസ്ഥാശ്രമത്തിൽ സ്വീകരിക്കും അവർക്ക് പുണ്യലോകമൊന്നുമില്ല എന്തുകൊണ്ട് അവര് ബ്രഹ്മചര്യം പോലെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിച്ചത് സ്വാധ്യായത്തിന് വേണ്ടിയാണ് അതുള്ള അഭരം കിട്ടിക്കഴിഞ്ഞു ഇനി അവർക്ക് പുണ്യലോകം വേണമെങ്കിൽ എന്ത് വേണം ആ സ്വാധ്യായം ചെയ്ത് ധർമ്മജ്ഞാനം ഉണ്ടായി ആ ധർമ്മത്തെ അനുഷ്ഠിക്കും അത് ഗൃഹസ്ഥാശ്രമത്തിനാണെന്ന് അത് പൂർത്തിയാകുന്നു അവർക്ക് അങ്ങനെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവർക്ക് പുണ്യലോകം അതൊന്നും ബ്രഹ്മചരി വ്രതം സ്വാധ്യായത്തിന് വേണ്ടി അനുഷ്ഠിച്ചത് കൊണ്ട് അതിന്റെ ഫലം സ്വാധ്യായം വേദജ്ഞാൻ അതാണ് അവരുടെ പുണ്യം അതിനപ്പുറം വേറെ ലോകമില്ല പുണ്യലോകത്വം ന ബ്രഹ്മചര്യേണോ അവർക്ക് ആ ഗുരുകുലത്തിൽ അനുഷ്ഠാനം കൊണ്ട് ലഭിക്കുന്നത് വേദജ്ഞാനമാണ് അതിന്റെ ഫലമായി ഗർഭസ്ഥർമ്മം അനുഷ്ഠിക്കുമ്പോൾ അവർക്ക് പുണ്യലോകങ്ങളെല്ലാം ഉണ്ടാവും അവിടുത്തെ കർമ്മം അനുസരിച്ച് മറിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരി ഗുരുകുലത്തിൽ തന്നെ കഴിഞ്ഞ് നിയമപൂർവ്വകം ബ്രഹ്മചാരി അനുഷ്ഠിച്ച് അവിടെ തന്നെ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് പുണ്യിലോകം ഇനി അതല്ല അയാൾ പരിപ്രാജികനായി ഗുരുകുലം വിട്ടു അവിടെ തപസ് തുടങ്ങി അനുഷ്ഠിക്കുന്നു സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു സന്യാസധർമ്മത്തെ സ്വീകരിക്കുന്നു സന്യാസമെന്ന് പറയുന്ന ആശ്രമധർമ്മത്തെ സ്വീകരിക്കുന്നു അയാൾക്കും പുണ്യലോകമാണ് ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നതും സന്യാസ ആശ്രമധർമ്മത്തെ സ്വീകരിക്കുന്നു ചില ധർമ്മങ്ങളവിടെ സ്വീകരിക്കുന്നു അതിന്റെ ഫലം എന്താണ് അത് പുണ്യലോകമാണ് അതിന്റെ ഫലം ഇന്നത്തെ സന്യാസത്തെ അല്ലെങ്കിൽ അയാൾ ജ്ഞാനിയായിരിക്കും ജ്ഞാനം കൊണ്ട് മാത്രമേ മുക്തി സംഭവിക്കത്തുള്ളൂ ബാക്കി ബ്രഹ്മചര്യം പോലെയുള്ള ധർമ്മങ്ങൾ പുണ്യലോകത്തിന് കാരണമാണ് ഈ വിഷയത്തെ കുറിച്ച് തന്നെ ദീർഘമായി ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ ഇത് കൂടുതൽ വ്യക്തമാവും സർവേത്രയോ അഭി ആശ്രമിണ മുഖ്യമായി മൂന്നാശ്രമികളാണ് വനപ്രസ്ഥം എന്ന് പറയും അത് സന്യാസത്തിന്റെ ഭാഗമാണ് അതിനെ ഗൃഹസ്ഥന ഗൃഹസ്ഥാശ്രമത്തോടും കുറെയൊക്കെ യോജിപ്പിക്കുക ഗൃഹം ഉപേക്ഷിച്ചതുകൊണ്ട് ഗൃഹസ്ഥന് അനുഷ്ഠിച്ചു വന്ന ചില കർമ്മങ്ങൾ എവിടെയും തുടരും അതുകൊണ്ട് വിശ്വദേവന്മാർക്ക് ബലിസമർപ്പിക്കുക നാന്തി മുഖ ശ്രാദ്ധം കാര്യങ്ങളെല്ലാം ഗൃഹസ്ഥാശ്രമ വനപ്രസ്ഥത്തിലും ചെയ്യാൻ ഇരിക്കുന്നു അപ്പോ ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്തു പോകുന്ന കൊറേ ധർമ്മങ്ങൾ അവിടെയുണ്ടോ അതുകൊണ്ട് അവനെ വാനപ്രസത്തിന് ഗൃഹസ്ഥോട് ചേരാ അതിനോട് ചേർക്കാം എന്നാൽ അടു ഗൃഹസ്ഥർമ്മത്ത് ഉപേക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിനെ സന്യാസത്തിനോട് യോജിപ്പിക്കുക ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒന്നാണ് അതുകൊണ്ട് പലപ്പോഴും അവനെ പ്രത്യേകിച്ച് പറയാറില്ല മനസ്മൃതിയിലും മറ്റും അവനെ പ്രത്യേകിച്ച് പറഞ്ഞെങ്കിലും ഇവിടെ പറയുന്നില്ല അതുകൊണ്ടിട്ട് പറയുന്നു ഏത് തെറിയോപ്പിയാശ്രമ ഇവിടെ ആശ്രമികൾ മൂന്നാണ് യഥോക്തേഹി ധർമ്മേഹി പുണ്യലോകഭവന്തി അപ്പോൾ ഈ മൂന്ന് കൂട്ടരും ബ്രഹ്മചര്യാശ്രമി അത് നൈഷ്ഠിക ബ്രഹ്മചര്യാശ്രമി തപസ്സി അല്ലെങ്കിൽ പരിപ്രാജകൻ സന്യാസധർമ്മ ആശ്രമധർമ്മത്തെ സ്വീകരിച്ചവൻ പിന്നെ ഗൃഹസ്ഥൻ ദ്ധ്യായം യജ്ഞം തുടങ്ങിയവ ചെയ്യുന്നു ദാനം ഇതെല്ലാം ചെയ്യുന്ന ഗ്രഹസ്ഥ ഈ മൂന്ന് കൂട്ടാർക്കും എന്താണ് ഫലം ഇത് കൃത്യമായിട്ട് ആശ്രമങ്ങൾ അവയുടെ ഫലങ്ങൾ എല്ലാം പറയുന്നത് വൈദികധർമ്മത്തെ അനുസരിക്കുന്നവരോടാണ് എന്നുകൂടി പറയുന്നത് പുണ്ോ ലോകോ യേഷ്യലോകോന്തി പ്രാപിക്കുന്നവരാകുന്നു അവശിഷ്ടത്വ അനുക്ത പരിഭ്രാട് ബ്രഹ്മസംസ്ഥോ ബ്രഹ്മണി സമ്യക് സ്ഥിത സ്വമൃതത്വം പുണ്യലോക വിലക്ഷണം ആ മരണഭാവം ആത്യന്തികമേദി ആപേക്ഷികം ദേവാദ്യമൃത്വത്ത് പുണ്യലോകാത് പൃഥക് അമൃത്വ വിഭാഗകർണ അവശിഷ്ടസ്തു അനുദ്ധ ഇനി ഒരാളുണ്ട് അയാളുടെ കാര്യം പറഞ്ഞില്ല എങ്ങനെയുള്ള ആള് പരുപ്രാട് ബ്രഹ്മസംസ്തു പരിപ്രാജകൻ തന്നെ എന്ന് പറയുമ്പോ എന്താണ് നേരെയും പരുഭരാജനെ കുറിച്ച് പറഞ്ഞു നോക്കുക അതിന് മനസ്സിലാക്കാം പരിപ്രാജകൻ രണ്ടുതരത്തിലുണ്ട് ഒന്ന് ആശ്രമധർമ്മി ഒന്ന് ബ്രഹ്മനിഷ്ഠൻ രണ്ടുപേരെയും പരിപ്രാജകനെന്ന് പറയും പക്ഷേ രണ്ടാമത്തെ പരിപ്രാജകൻ എങ്ങനെയാണ് ബ്രഹ്മണി സമ്യക് സ്ഥിത അതാണ് ബ്രഹ്മസംസ്ഥ ബ്രഹ്മത്തിന് ശരിയായി സ്ഥിതി ചെയ്യുന്നവൻ എന്നുവെച്ചാൽ ജ്ഞാനീ അമൃതത്വം അവൻ അമൃതത്വം പ്രാപിക്കുന്നു കാരണം ഇവിടെ മന്ത്രത്തിൽ അങ്ങനെയാ പറയുന്നത് എന്താണ് അത്യന്തം ആത്മാനം ആചാര്യകുല അവസാദയൻ സർവേദേ പുണ്യലോകാ ഭവന്തി എന്നാണ് ശ്രുതി പറയുന്നത് ഇവരെല്ലാവരും പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു എന്നിട്ട് പറയുന്ന ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി ഇതെന്താ ഇങ്ങനെ മാറ്റി പറഞ്ഞത് ഇതാരെ കുറിച്ച് പറഞ്ഞു സർവേ പുണ്യലോകഭവന്തി ഭാഷകാരൻ ഈ ഭാഗം പല ഭാഗങ്ങളിലും ബ്രഹ്മസൂത്രത്തിലും മറ്റുമൊക്കെ ഇത് ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത് ഇവിടെ സർവേ എന്ന് പറഞ്ഞ എല്ലാവരും എല്ലാവരും പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ എല്ലാവരും പുണ്യലോകത്ത് പ്രാപിക്കുന്നു പക്ഷെ പ്രത്യേകം പറയുന്നു ബ്രഹ്മസംസ്ഥ അമൃതത്വം ബ്രഹ്മസംസ്ഥൻ അതാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് ബ്രഹ്മണി സംയക്തി സ്വ അമൃതത്വം ആ അമൃതത്വം എന്താണോ പുണ്യലോകവിലും പുണ്യലോകമല്ലാതെ അതിൽ നിന്നും വേറിട്ടതാണ് ആ മരണഭാവം ആ മരണഭാവത്തെ അത്യന്തികം ആ മരണഭാവത്തെ പ്രാപിക്കുന്നു ആപേക്ഷികം ദേവാദ്യ അമൃതത്വം ആപേക്ഷികമായ അമൃതത്വമല്ല ഏതുപോലെ ദേവന്മാരുടെയും മറ്റും അമൃതം അമൃതം കുടിക്കുന്നത് കൊണ്ട് ദേവന്മാർക്കും അമൃതത്വം ഉണ്ടെന്ന് പറയും അത് ആപേക്ഷികമാണ് പുണ്യം ക്ഷയിക്കുമ്പോൾ ഭൂമിയിലേക്ക് വരുന്നതാണ് പുണ്യലോകാത്മൃത അമൃതത്വ വിഭാഗകരണം അതിവിടെ പുണ്യിലോകത്തിൽ നിന്നും വേറിട്ട് അമൃതത്വത്തെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഗൃഹസ്ഥൻ ും പരിവരാജകന്തിച്ച പുണ്ലോക അതിശയമാത്രം അമൃതത്വം അഭവിഷ്യത പുണ്യലോകാത് വിഭക്തം നശ്യം വൃത്തികാരന്മാരും വൃത്തികാരൻ എന്ന് പറയുന്നവരാണ് ഇതിനൊരു വൃത്തിയായി അവരൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്താണോ ഇതെല്ലാം ഒരുപോലെ തന്നെ ബ്രഹ്മസംസ്ഥോ അമൃതത്വമേദി എന്ന് പറഞ്ഞിരിക്കുന്നത് പുണ്യലോക അതിശയം മാത്രം അമൃതത്വം അതൊരു വിശേഷപ്പെട്ട പുണ്യലോകമാണ് അതിനാണ് അമൃതത്വം എന്ന് പറയുന്നത് അഭവിഷ്യത് തഥ പുണ്യലോക വിഭക്തം എന്ന അവക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഈ അമൃതത്വവും പുണ്യലോകം തന്നെ അത് കുറച്ചുകൂടി ശ്രേഷ്ഠമായതെന്നാണ് അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് പറയുന്നു അത് ശരിയല്ല അങ്ങനെയായിരുന്നെങ്കിൽ പുണ്യലോകാതി വിഭക്തം എന്ന സർവേത എന്ന് പ്രത്യേകം പറഞ്ഞു ഇവരെല്ലാവരും പുണ്യലോകത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു ബ്രഹ്മസംസ്ഥവും അമൃതത്വം മേ ഇത് പറയില്ലായിരുന്നു വിഭക്തം എന്ന പക്ഷേ ഇതെല്ലാം ഒന്നായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരേ പുണ്യലോകത്തിന്റെ ഏറ്റക്കുറിച്ചിലാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു വിഭക്ത ഉപദേശാശ അത്യന്തികം അമൃതത്വം ഇതികം വിധേ വൃത്തികാരനും മറ്റും ആത്യന്തികമായ അമൃതത്വത്തെ മനസ്സിലാക്കിയിട്ടില്ല പുനർഭവം ഇല്ലാത്ത അമൃതത്വം അങ്ങനെയൊരു അമൃതത്വം അവർക്കറിയത്തില്ല വിഭക്ത ഉപദേശാസ് പക്ഷെ ഇവിടെ വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആത്യന്തികം അമൃതത്വം ഇതി ഗ്യത ഇവിടെ ആത്യന്തികമായ നിരദിശയമായ ഒരു മോക്ഷമുണ്ട് അതിനെ കുറിച്ച് പറയുകയാണ് അത് ജ്ഞാനി മാത്രമേ പ്രാപിക്കുന്നുള്ളൂ എങ്ങനെയുള്ള ജ്ഞാനി പരിപ്രാജകനായ ജ്ഞാനി അത്രച്ച ആശ്രമധർമ്മ ഉപന്യാസ പ്രണവ സേവാസ്തുത്യടക്കം എന്നാൽ തദ്വിദ്യർത്ഥം അതുമല്ല ആശ്രമധർമ്മങ്ങളുടെ ഫലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതും ആശ്രമധർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയാനല്ല മറിച്ച് പ്രണവ സേവാസ്തു പ്രണവ ഉപാസനയെ സ്തുതിക്കാൻ വേണ്ടിയിട്ടുണ്ട് അടുത്ത പ്രണവോപാസനയെ കുറിച്ച് പറയും അതാണ് ഈ ആശ്രമധർമ്മങ്ങളുടെ ഫലം പറയുന്നതാണ് പ്രണവോപാസന കൊണ്ട് ണ്ടാകുന്ന ഫലത്തെ സ്തുതിച്ചു പറയുന്നു അല്ല ഇവിടെ ഫലത്തെ വിധിക്കുകയല്ല സ്തുതേജ പ്രണവ സേവയ ആശ്രമധർമ്മഫല വിധേ ചേരി വിദ്യയുടെ വാക്യം അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇത് സാങ്കേതികമാണ് മീമാംസവർ പറയുന്ന ഒന്നുണ്ട് വാക്യഭേദം എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഒരേ വാക്യം പ്രയോഗിക്കുക രണ്ട് വിഷയങ്ങൾക്ക് ചുരുക്കത്തിനതാണ് വളരെ ദീർഘമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് വാക്യഭേദോഷം പൂർവീമാംസികൾ എങ്ങനെയെല്ലാം വാക്യഭേദ ദോഷം വരാം എങ്ങനെ വരില്ല നിങ്ങളെ കുറിച്ചവിടെ ധാരാളം ഗ്രന്ഥങ്ങൾ തന്നെയുണ്ട് വാക്യഭേദ ദോഷത്തെ ചർച്ച ചെയ്യാം ഇവിടെ ചുരുക്കിപ്പറഞ്ഞ ഇതാണ് ഒരു വാക്യത്തിൽ തന്നെ രണ്ട് കാര്യങ്ങളെ വിധിച്ചു അത് വാക്യഭേദമാവും അത് അംഗീകരിക്കത്തില്ല പ്രണവസേവായ ആശ്രമധർമ്മേതി ഒന്ന് ഇത് സ്തുതിക്കുന്നതിനു വേണ്ടിയാണ് മറിച്ച് ആശ്രമധർമ്മഫലത്തെ വിധിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിദ്ധേദവാക്യം വാക്യഭേദം എന്ന് പറയുന്ന ദോഷം വരും തസ്മാദ് സ്മൃതിസിദ്ധ ആശ്രമഫല അനുവാദീന പ്രണവ സേവാ ഫലം അമൃതത്വം ധ്രുവൻ പ്രണവസേവാ സ്തൗതി അതുകൊണ്ടെന്താണ് ആശ്രമഫലം സ്മൃതികളിൽ പറയുന്നുണ്ടോ മനസ്മൃതിയിലും മറ്റു അങ്ങനെ സ്മൃതികളും നിർദ്ദേശിച്ച ആശ്രമത്തെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രണവസേവാണവസേവയുടെ ഫലമായ അമൃതത്വത്തെ കുറുവൻ പറയുന്നു സ്മൃതിയിൽ പറഞ്ഞ കാര്യങ്ങളെ ശ്രുതി ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞാൽ സ്മൃതിക്ക് താഴെയാണ് ശ്രുതി എന്ന് പറയുന്നത് അങ്ങനെ വരുന്നിടത്ത് സാധാരണ എന്താ പറയുന്നത് സ്മൃതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രുതിയിൽ കാണുന്നില്ല കാണുന്നില്ലെങ്കിൽ പക്ഷേ ശ്രുതി അതിനെ സ്തുതിക്കുന്നു അല്ലെങ്കിൽ പറയുന്നുണ്ട് ആ രീതിയിൽ ശ്രുതി പറയുന്നുല്ലോ അങ്ങനെ വന്നുകഴിഞ്ഞാൽ അവിടെ പറയുന്നു കല്പിത ശ്രുതി അങ്ങനെയുള്ള ശ്രുതികളെ കല്പന ചെയ്യുന്നു അങ്ങനെ ഈ ശ്രുതി ഉണ്ടായിരുന്നു അപ്പോൾ ആശ്രമഫലത്തെ കുറിച്ച് പറയുന്ന സ്മൃതികളുണ്ട് സഹസ്രമവേദത്തിന് ആയുധശാഖകളുണ്ടായിരുന്നു പിന്നത് ഉപലബ്ധമല്ല ഉണ്ട് അതെല്ലാം എവിടെയാ ഉണ്ടെന്ന് പറയുന്നത് ബ്രഹ്മലോകത്തിലുണ്ടെന്നാണ് മനുഷ്യരുടെ കയ്യിലില്ല ഇന്ന് അങ്ങനെ ഏതെങ്കിലും വിഷയങ്ങൾ സ്മൃതിയിലുണ്ട് എന്ന ശ്രുതി അതിനെ അതേപോലെ പറയുന്നില്ലെങ്കിൽ അതെല്ലാം ആ കല്പിത ശ്രുതിയിലുണ്ടെന്നാണ് അതുകൊണ്ട് സ്മൃതിയുടെ അർത്ഥത്തെ ശ്രുതി ഏറ്റുപറയുന്നു എന്ന് പറയുന്നത് കൊണ്ട് ശ്രുതിക്ക് ക്ഷീണമൊന്നും സംഭവിക്കത്തില്ല ആ സ്മൃതിയുടെ അർത്ഥത്തെക്കുറിച്ച് പറയുന്ന കൽപ്പിത സ്മൃതികൾ ഉണ്ടായിരുന്നു ആ സ്മൃതികൾ ഭൂർലോകത്തിൽ ലഭ്യമല്ല ഋഷുമാർ ആ സ്മൃതിയുടെ ആ കല്പിത സ്മൃതിയുടെ താൽപ്പര്യത്തെ കണ്ടിരുന്നു അവരത് സ്മൃതികളിൽ വെളിപ്പെടുത്തി അതിനെ ലഭ്യമായ ശ്രുതി സ്തുതിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഇതിന് സമാനം പറയുന്നത് പ്രണവ സേവാ ഫല അമൃതത്വം ഭ്രുവൻ അങ്ങനെ ശ്രുതി എന്ത് ചെയ്യുന്നു പ്രണവ സേവയുടെ ഫലമായ അമൃതത്വത്തെ പറഞ്ഞുകൊണ്ട് പ്രണവ സേവാം പ്രണവ സേവയെ സ്തുതിക്കുന്നു അതിനൊരുദാഹരണം പറയുന്നത് അപൂർവവർമണ സേവ ഭക്തപരിധാനമാത്രഫല ഒരു രാജാവിന്റെ പേരാണ് പൂർവവർമ്മൻ അയാൾ ഒരാൾ സ്തുതിക്കുന്നു സേവയൊക്കെ ആ സേവന് കിട്ടുന്ന എന്താണോ ഭക്ത പരിധാന മാത്രഫല ഭക്തം അന്നം പരിധാനം വസ്ത്രം അന്ന വസ്ത്രങ്ങൾ മാത്രം കിട്ടുന്നു ഒരു രാജാവിനെ സ്തുതിച്ച സേവിച്ചപ്പോ അത്രയും കിട്ടിയു ഇനി രാജവർമ്മ സേവ രാജ്യത്തു ഇനി രാജവർമ്മണെന്ന് പറയുന്നൊരു രാജാവുണ്ട് ആ രാജാവിനെ സേവിച്ചാണോ രാജ്യ തുല്യഫലം രാജ്യ ലഭിക്കുന്നതിന് തുല്യമായ ഫലങ്ങൾ ചിലപ്പോൾ പകുതി രാജ്യം തന്നെ കിട്ടിയത് അതുപോലെയുള്ള ഫലങ്ങൾ കിട്ടുന്നു അപ്പോൾ രണ്ട് സേവ രണ്ടിടത്തും ഒരുപോലെയാണെങ്കിലും രണ്ടിൻ്റെയും ഫലം വേറെ വേറെയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ ധർമ്മം അതിന്റെ ഫലം വേറെ പ്രണവ ഉപാസനയുടെ ഫലം വേറെ അത് രണ്ടു ആണ് ഇവിടെ പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞത് സ്മൃതിസിദ്ധമായ ആശ്രമഫലത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് അതെന്താണ് ആശ്രമഫലം പുണ്യനൊക്ക പ്രാപ്തി പ്രണവസേവയുടെ പ്രണവസേവയുടെ ഫലമായ അമൃതത്വത്തെ ശ്രുതി പറയുന്നു അങ്ങനെ പ്രണവസേവയെ സ്തുതിക്കുന്നു അപ്പൊ രണ്ടും സേവയാണ് പക്ഷേ രണ്ടിൻ്റെയും ഫലം വേറെയാണ് പ്രണവസ്വ പ്രണവം എന്താണ് അത്സത്യം അതാ സത്യമായ പരം ബ്രഹ്മമാണ് എന്തുകൊണ്ട് ശബ്ദ പ്രതീകമാണ് പ്രണവം അതെല്ലാം നമ്മൾ ചർച്ച ചെയ്താണ് പാണ്ഡിക്കനും മറ്റും അമൃതത്വം ഏതദ്ധ്യവ അക്ഷരം ആലംബനം പരം എന്നെല്ലാം അമ്മനാണ് കാഠകതലവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് യുക്തം തത്സേവാദോ അമൃതത്വം അതുകൊണ്ട് പ്രണവ ഉപാസനയുടെ ഫലം അമൃതത്വമാണ് അത്രാഹുക്കേജിവിടെ ഇനി അങ്ങോട്ട് പൂർവ്വപക്ഷമാണ് ഭാഷകാരൻ ഇപ്പോ പറഞ്ഞു കഴിഞ്ഞത് തന്റെ സിദ്ധാന്തം ശ്രുതിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചു ആശ്രമികൾ അവരുടെ ഫലം പുണ്യലോകം പരിപ്രാട്ട് ജ്ഞാനി അമൃതത്വത്തെ പ്രാപിക്കുന്നു ഇതാണ് സിദ്ധാന്തം ഇതിനെ സംബന്ധിച്ച് പൂർവ്വപക്ഷി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു സിദ്ധാന്തി സമാധാനം പറയുന്നു